ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്നാലിൽ ആണ് ആദ്യമായി നൽകിയത് ആയിരത്തിനാലിൽ ഇതിനായി രൂപപ്പെടുത്തിയ വ്യവസ്ഥകളിൽ മരണാനന്തര ബഹുമതിയായി ഭാരത് നൽകാൻ വ്യവസ്ഥ ചെയ്തിരുന്നില്ല മഹാത്മാഗാന്ധിക്ക് ഈ ബഹുമതി ലഭിക്കാത്തതിന് കാരണം ഇതാവാ യിരത്തിൽ മൊറാർജി സർക്കാർ ഭാരത് രത്ന സസ്പെൻഡ് ചെയ്തെങ്കിലും ഇന്ദിരാ സർക്കാർ തിരികെ വന്നപ്പോൾ ഭാരത് രത്ന നൽകുന്നതിന്റെ സാധുത സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതിനാൽ കാലത്ത് ഈ ബഹുമതി ആർക്കും നൽകിയില്ല പ്രഖ്യാപിക്കപ്പെട്ടത് ആയിരത്തിരണ്ടിൽ നേതാജിക്ക് ഭാരത് രത്ന പ്രഖ്യാപിച്ച നടപടി നേതാജി ജീവിച്ചിരിപ്പിട്ടെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആരാധകരെ പ്രകോപിതരാക്കി നേതാജിയുടെ മകൾ അനിതാ ബോസ് ബഹുമതി നിരസിക്കുകൂടി ചെയ്തതോടെ സർക്കാരിന് ബഹുമതി പിൻവലിക്കേണ്ടി വന്നു ഇതുവരെ നാലു രാഷ്ട്രപതിമാർ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഈ ബഹുമതി തേടിയ മൂന്ന് തലമുറയിൽപ്പെട്ടവരാണ് നെഹ്റുവും ഇന്ദിരയും രാജീവും നോബൽ സമ്മാന ജേതാക്കളായ ഭാരതീയരിൽ സി വി രാമനും മദർ തെരേസയും അമർത്തിയ സിന്നും ഭാരത്നേറ്റു ജെ ആർ ഡി ടാറ്റയാണ് ഏക വ്യവസായി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനും നെൽസൺ മണ്ടേലയും പ്രമുഖ വ്യക്തികൾ ഡോ എസ് രാധാകൃഷ്ണൻ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരത് രത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസ ആത്മീയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ഇന്ത്യയുടെ തത്വചിന്തകനായ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കപ്പെടുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ സെപ്റ്റംബർ അഞ്ചിന് ആന്ധ്രാപ്രദേശിലെ തരുത്തണി ഗ്രാമത്തിൽ ജനിച്ചു മദ്രാസ് പ്രസിഡൻസി കോളേജ് കൽക്കത്ത യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡിലെ മാഞ്ചസ്റ്റർ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകൻ ആന്ധ്ര യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവയുടെ വൈസ് ചാൻസലർ സ്ഥാനവും അലങ്കരിച്ചു ഇന്ത്യൻ സർവകലാശാല കമ്മീഷൻ ചെയർമാൻ യുനെസ്കോ ചെയർമാൻ സോവിയറ്റ് യൂണിയനിലെ ഇന്ത്യൻ അംബാസിഡർ എന്നീ ഉന്നത പദവികളും വഹിച്ചു പതിനാറ് വർഷം ഓക്സ്ഫേർഡിൽ പൌരസ്ത്യ പഠനങ്ങൾക്കുള്ള സ്പാൾഡിംഗ് പ്രൊഫസർ പദവി ലഭിച്ച ആദ്യ പൌരസ്തനാണ് എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതി രാജ്യസഭാധ്യക്ഷൻ ഏറ്റവും കൂടുതൽ കാലം ഈ പദവികളിൽ തുടർന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി ആ പദവിയിലെത്തിയ ആദ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥി ദക്ഷിണേന്ത്യക്കാരൻ ഇന്ത്യൻ ഫിലോസഫി ദ ഫിലോസഫി ഓഫ് ഉപനിഷത്ത് ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ഈസ്റ്റേൺ റിലീജിയൻ ആന്റ് വെസ്റ്റേൺ തോട്ട് ഈസ്റ്റ് ആന്റ് വെസ്റ്റ് സം റിഫ്ലക്ഷൻസ് എന്നിവ പ്രധാന കൃതികൾ അന്തരിച്ചു സി രാജഗോപാൽ ആചാര്യത്തിനാല് ഗാന്ധിജി നെഹ്റു പട്ടേൽ എന്നിവരോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെടുുംതൂണുകളിലൊന്നായിരുന്നു രാജാജി എന്നറിയപ്പെട്ടിരുന്ന സി രാജഗോപാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലായിരുന്നു ഈ തെക്കു നിന്നുള്ള യോധാവ് ആയിരത്തി എണ്ണൂറ്റി ഡിസംബർ മദ്രാസ് സംസ്ഥാനത്തെ സേലം ജില്ലയിൽ ജനിച്ചു പത്തൊമ്പത് വർഷം അഭിഭാഷക കഴിഞ്ഞ ശേഷം കോൺഗ്രസിൽ ചേർന്നു ആയിരത്തിയൊന്നിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തിരുച്ചിറപ്പള്ളിയിൽ നിന്നും നൂറ്റി അൻപത് മൈൽ അകലെയുള്ള വേദാരണ്യം കടപ്പുറം വരെ ഉപ്പു സത്യാഗ്രഹ ജാഥ നയിച്ചു ഗാന്ധിജിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നതിനാൽ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മദ്രാസ് സംസ്ഥാനത്ത് പ്രധാനമന്ത്രിയായി ഗാന്ധി ജിന്ന സംഭാഷണങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചു സിആർ ഫോർമുലയുടെ ഉപജ്ഞാതാവ് ആയിരത്തി തൊള്ളായിരത്തി സമർപ്പിച്ച ഇതിൽ ഇന്ത്യാ വിഭജനം സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ് മൌണ്ട് ബാറ്റിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽ വൈ ശ്രീകൾ കൊട്ടാരത്തിൽ താമസിച്ച ആദ്യം ഇന്ത്യൻ ഭരണാധികാരി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരത്തിരണ്ടിൽ മദ്രാസ് മുഖ്യമന്ത്രിയായിരത്തിൽ രാജിവെച്ചു കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിൽ സ്വതന്ത്ര പാർട്ടി രൂപവത്കരിച്ചു രാജാജിയുടെ മകൾ ലക്ഷ്മിയെ വിവാഹം ചെയ്തത് ഗാന്ധിജിയുടെ മകൻ ദേവദാസ് ഗാന്ധിയാണ് സിയർ എന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തമിഴിലും ഇംഗ്ലീഷിലും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു കണ്ണൻ കാട്ടിയ വഴി വ്യാസർ വിരുദ് രാജാജി കുട്ടിക്കഥൈകൾ സത്യമേവ ജയ്ദേ സോക്രട്ടീസ് മാർക്കസ് ഒറീലിയസ് ചക്രവർത്തി തിരുമകൻ വോയിസ് ഓഫ് ദ അൺഇൻവോൾവഡ് ജയിൽ ഡയറി എന്നിവയാണ് പ്രധാന കൃതികൾ സി വി രാമൻ ഭാരത് രത്ന ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് രാമൻ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യൻ ശാസ്ത്രജ്ഞനായ അദ്ദേഹം ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഭൌതിക ശാസ്ത്രകാരനായി കണക്കാക്കപ്പെടുന്നു പൂർണ്ണനാമം ചന്ദ്രശേഖര വെങ്കട്ടരാമൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് നവംബർ തമിഴ്നാട്ടിലെ തൃശ്ശിനാപ്പള്ളിയിൽ ജനിച്ചു വിദ്യാഭ്യാസ കാലത്ത് ശാസ്ത്ര വിഷയങ്ങളിൽ വളരെയധികം അഭിരുചി പ്രകടിപ്പിച്ചു വിദ്യാഭ്യാസാനന്തരം അസിസ്റ്റന്റ് അക്കൌണ്ടന്റ് ജനറൽ ആയി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് രാജിവച്ച് കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു ിൽ ലണ്ടനിലെ റോയൽ സൊസൈറ്റി അംഗമായി പ്രകാശ സംബന്ധിയായ നിരവധി ഗവേഷണങ്ങൾ നടത്തുകയും തുടർന്ന് ആയിരത്തിയെട്ടിൽ രാമൻ പ്രഭാവം എന്ന സിദ്ധാന്തം ആവിഷ്കരിക്കുകയും ചെയ്തു ചില ദ്രാവകങ്ങളിലും ഘരപദാർത്ഥങ്ങളിലും വൈദ്യുത കാന്തിക കടന്നുപോകുമ്പോൾ അവയ്ക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയും ആവൃത്തി വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു ഇതാണ് രാമൻ ഇഫക്ട് ഇത് കണ്ടെത്തിയ ഫെബ്രുവരി ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു രാമൻ ഇഫക്റ്റിനെ മുൻനിർത്തിയാണ് ഭൌതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആയിരത്തിൽ സർ പദവി ലഭിച്ചു ഇന്ത്യൻ ജേണൽ ഓഫ് ഫിസിക്സ് ആരംഭിച്ചതും ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥാപിച്ചതും സി വി രാമനാണ് ആയിരത്തി സോവിയറ്റ് യൂണിയന്റെ ഇന്റർനാഷണൽ ലെനിൻ പ്രൈസ് ലഭിച്ചു പ്രധാന കൃതികൾ മോളിക്കുലാർ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് റിസർച്ചസ് ഇൻ അക്കോസ്റ്റിക്സ് ദ ഫിസിയോളജി ഓഫ് മിഷൻ ആസ്പെക്ട്സ് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അന്തരിച്ചു ഇന്ത്യ ചരിത്രത്തിൽ അനിശേദ്യ സ്ഥാനമാണ് രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനുള്ളത് ഭാരത് രത്ന നേടിയ ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു ദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ഇന്ത്യയിൽ ആചരിക്കുന്നു അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ പതിനാലിന് ബ്രാഹ്മണ കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കോൺഗ്രസ് സമ്മേളനമാണ് നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് കമല കൌളിനെ വിവാഹം കഴിച്ചു ഗാന്ധിജിയെ ആദ്യമായി കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സമ്മേളനത്തിൽ ആയിരത്തിയൊന്നിൽ നിസഹകരണ സമരകാലത്ത് ഗാന്ധിജിയുമായി അടുത്തിടപഴകി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിരത്തി വർഷങ്ങളിലും മുതൽ വരെയുള്ള സമ്മേളനങ്ങളിലും കോൺഗ്രസ് അധ്യക്ഷൻ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിൽ തുടർന്ന വ്യക്തി അധികാരത്തിലിരിക്കെ അന്തരിച്ചു ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കി ഇന്ത്യയിലെ ത്രിതല തദ്ദേശ ഭരണ സംവിധാനത്തിന് പഞ്ചായത്ത് രാജ് എന്ന പേര് നൽകി സോവിയറ്റ് യൂണിയന്റെ മാതൃക സ്വീകരിച്ച് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കി ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ഈജിപ്തിലെ നാസർ യൂഗോസ്ലാവിയയിലെ മാർഷൽ ടിറ്റോ എന്നിവരുമായി ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനത്തിന് വിത്തുവാകി ആയിരത്തിനാല് ജൂൺ ചൈനീസ് പ്രധാനമന്ത്രി ചൌഅൻ ലായിയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചു പ്രധാന ആ നോട്ടോ ബയോഗ്രഫി ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി മെയ്ന് നെഹ്റു യുഗം അവസാനിച്ചു എം വിശ്വേശ്വരയായിരത്തി എഞ്ചിനീയറും ആസൂത്രണ വിദഗ്ധനും ഭരണകർത്താവുമായിരുന്ന എം വിശ്വേശ്വരയ്യാണ് ആധുനിക മൈസൂറിന്റെ ശില്പി അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു ആയിരത്തി സെപ്റ്റംബർ പതിനഞ്ചിന് കർണാടകത്തിലെ കോലാർ ജില്ലയിൽ ജനിച്ചു മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി പൂണെയിലെ കോളേജ് ഓഫ് സയൻസിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗും പാസായി സുക്കൂറിലെ പ്രസിദ്ധമായ ശുദ്ധജല പദ്ധതി ആസൂത്രണം ചെയ്തു പൂനെയിലെ ജലസേചന പദ്ധതി നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലണ്ടനിലെ സിവിൽ എഞ്ചിനീയറന്മാരുടെ സൊസൈറ്റിയിൽ അംഗമായി ഹൈദരാബാദ് നഗരത്തിന്റെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അദ്ദേഹം പിന്നീട് മൈസൂറിലെ ചീഫ് എഞ്ചിനീയറും ഗവൺമെന്റ് സെക്രട്ടറിയുമായി മൈസൂറിലെ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് ആസൂത്രണം ചെയ്തു നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മൈസൂർ ിൽ സർവകലാശാല സ്ഥാപിച്ചു ഇന്ത്യയിൽ ഒരു നാട്ടുരാജ്യത്തിൽ ആരംഭിച്ച ആദ്യ സർവകലാശാലയായിരുന്നു അത് ദിവാൻക്ക് സർപദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം മൈസൂറിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു പിൽക്കാലത്ത് അത് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ടു ഭദ്രാവതി ഉരുക്കുനിർമ്മാണശാലയുടെ ചുമതല ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ കൃതികൾ റീകൺസ്ട്രക്ടി ഇന്ത്യ എ പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബാംഗ്ലൂരിൽ വിശ്വസരയ്യ ഇൻഡസ്ട്രിയൽ ആന്റ് ടെക്നോളജിക്കൽ മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടു തത്വചിന്തകൻ പൊതുപ്രവർത്തകൻ ബഹുഭാഷാ പണ്ഡിതൻ വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡോക്ടർ ഭഗവാൻ ദാസ് ജനുവരി പന്ത്രണ്ടിന് വാരണാസിയിൽ ജനിച്ചു ബിരുദം നേടി കൽക്കത്ത സർവകലാശാലയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദം നേടി ഡോക്ടർ ആനിബസന്റുമായി യോജിച്ച് പ്രവർത്തിച്ച അദ്ദേഹം സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിച്ചു ഇതാണ് പിൽക്കാലത്ത് ബനാറസ് ഹിന്ദു സർവകലാശാലയായി മാറിയത് കാശി വിദ്യാപീഠത്തിന്റെ ആദ്യ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കാനുള്ള യോഗവും അദ്ദേഹത്തിനുണ്ടായി മൂന്ന് വർഷക്കാലം കാശി മുനിസിപ്പൽ ബോർഡ് ചെയർമാൻ സ്ഥാനവും വഹിച്ചു ഇരുപതിലാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയുമായി അടുക്കുന്നത് തുടർന്ന് കോൺഗ്രസിൽ അംഗമായി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ദിവംഗതനായി ധീരനായ സ്വാതന്ത്ര്യ സമര പ്രഗത്ഭനായ ഭരണ തന്ത്രജ്ഞനുമായിരുന്ന ഗോവിന്ദ വല്ലഭ പന്ത് അഭിഭാഷകനായി പൊതുജീവിതം ആരംഭിക്കുകയും ഗ്രാമോദ്ധാരണ പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവേശിക്കുകയും ചെയ്ത നേതാവാണ് യുപിയിലെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമയത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നത് സെപ്റ്റംബർ പത്തിന് യു പി അൽമോറ ജില്ലയിൽ ജനിച്ചു അലഹബാദ് സർവകലാശാലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എൽ എൽ ബി ജയിച്ചു ഗാന്ധിജിയുടെ ആഹ്വാന പ്രകാരം ആയിരത്തി ആരംഭത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി യു പി ലെജിസ്ലേറ്റീവ് കൌൺസിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു യു പി കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ആയിരത്തിയൊന്നിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗമായി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ അദ്ദേഹം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി യു പി മുഖ്യമന്ത്രി സിംല കോൺഫറൻസിൽ പങ്കെടുത്തു യു പി അസംബ്ലിയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു മുഖ്യമന്ത്രിയായ അദ്ദേഹം ഭരണ വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തി ആയിരത്തിനാല് ഡിസംബർ വരെ ആ പദവി വഹിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനത്തെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ ധോണ്ടോ കേശവ കാർവേട്ട് സാമൂഹിക പരിഷ്കർത്താവും വിദ്യാഭ്യാസ വിചക്ഷണനുമായ കാർവേയുടെ പരിശ്രമത്തിലാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയായ ശ്രീമതി നധീബായ് താക്കിർസി വിമൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഖേദ് താലൂക്കിൽ കേശവ ബാപുന്ന കാർവയുടെയും ലക്ഷ്മി ഭായിയുടെയും രണ്ടാമത്തെ മകനായിട്ട് ഏപ്രിൽ പതിനെട്ടിന് ജനിച്ചു മെട്രിക്കുലേഷനും വയസ്സിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദവും പാസായി തുടർന്ന് എൽഫിൻസ്റ്റന്റ് ഹൈസ്കൂളിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ചേർന്നു പിന്നീട് ഗോപാലകൃഷ്ണ ഗോഖലയുടെ ക്ഷണപ്രകാരം പൂനെയിലെ ഫർഗൂസൺ കോളേജിൽ ഗണിതശാസ്ത്ര പ്രൊഫസറായി ിൽ കാർവേ വിധവാ പുനർവിവാഹ സംഘം സ്ഥാപിച്ചു അനാഥ ബാലികാശ്രമം അസോസിയേഷൻ എന്നൊരു സംഘടനയും രൂപവത്കരിച്ചു സാമൂഹിക പ്രവർത്തകർക്ക് പരിശീലനം നൽകാൻ എട്ടിൽ ബോംബെയിൽ നിഷ്കാമ മഠം സ്ഥാപിച്ചു കാർവേയുടെ ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ മൂന്നിന് മഹാരാഷ്ട്ര വനിതാ സർവകലാശാലയാണ് പിന്നീട് എസ് എൻ ഡി ആയിരത്തി നാൽപ്പത്തിയേഴിൽ സ്ഥാപിതമായ ജാതി നിർമ്മൂലന സംസ്ഥ എന്ന സംഘടനയ്ക്ക് പ്രേരണ നൽകിയതും കാർവേ ആയിരുന്നു ഇതുവരെ ഭാരതരത്ന ലഭിച്ചവരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ഡി കെ കാർവാണ് നവംബർ സ്വതന്ത്ര ബംഗാളിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ട നാമമാണ് ഡോക്ടർ ബിതാൻ ചന്ദ്ര റോയിയുടേത് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ത്യയിൽ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കപ്പെടുന്നുരണ്ട് ജൂലൈ ഒന്നിന് ബീഹാറിലെ പാട്നയിലുള്ള ബെങ്കിപൂരിൽ ജനിച്ചു പാട്ന കോളേജിൽ നിന്ന് ബിരുദമെടുത്തശേഷം കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്ര ബിരുദവും നേടി പഠനശേഷം അദ്ദേഹം പ്രൊവിൻഷ്യൽ ഹെൽത്ത് സർവീസിൽ ചേർന്നു ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയ അദ്ദേഹം എം ആർ സിപിയും എഫ്ആർസിഎസും പൂർത്തിയാക്കി പതിനൊന്നിൽ മടങ്ങിയെത്തി യാദവ് പൂർ ടി ചിത്രരഞ്ജൻ സേവാ സദൻ കമല നെഹ്റു ആശുപത്രി ചിത്രരഞ്ജൻ ക്യാൻസർ ആശുപത്രി തുടങ്ങിയവ അദ്ദേഹം പടുത്തുയർത്തിയ സ്ഥാപനങ്ങളാണ് കൊൽക്കത്ത സർവകലാശാല വൈസ് ചാൻസലറായും സേവനമനുഷ്ഠിച്ചു രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം സുരേന്ദ്രനാഥ് ബാനർജിയെ പരാജയപ്പെടുത്തി ബംഗാൾ ലെജിസ്ലേറ്റീവ് കൌൺസിൽ അംഗമായിരത്തിയെട്ടിൽ എഐസിസി അംഗം ആയിരത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി ിൽ കൊൽക്കത്ത മേയറായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പക്ഷേ ഡോക്ടർ റോയ് തന്റെ തൊഴിലായ വൈദ്യവൃത്തിയിൽ തുടരാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം ജനുവരിയിൽ അദ്ദേഹം അധികാരമേറ്റുരണ്ട് ജൂലൈ ഒന്നിന് അന്തരിക്കും വരെ ആ സ്ഥാനത്ത് തുടർന്നുദാസ് രാജർഷി എന്ന് മഹാത്മാഗാന്ധി സ്നേഹപൂർവ്വം വിളിച്ച പുരുഷോത്തംദാസ് ധണ്ഠൻ സ്വാതന്ത്ര്യസമരസേനാനി ഭരണകർത്താവ് ഗ്രന്ഥക്കാരൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ കർമ്മ വിഹരിച്ച പ്രതിഭയാണ് അഞ്ച് ഭാഷകളിലായി നാൽപ്പത്തിയാറ് കൃതികൾ ജയിച്ച അദ്ദേഹം ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി ലഭിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ പേരിൽ ഓർമ്മിക്കപ്പെടുന്നു ിന് അലഹബാദിൽ ജനിച്ചു ലാഹോറിലും അലഹബാദിലുമായിരത്തിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ആരംഭിച്ച അദ്ദേഹം തേജ് ബഹാദൂർ സപ്രൂവിന്റെ ജൂനിയറായി അലഹബാദ് ഹൈക്കോടതിയിൽ എത്തി പൊതുപ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാക്ടീസ് ഉപേക്ഷിച്ചു ജാലിയൻ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയിൽ അംഗമായി കർഷക പ്രസ്ഥാനത്തിൽ സജീവം ആയിരത്തിനാലിൽ ബീഹാർ കിസാൻ സഭയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ വരെ പതിമൂന്ന് വർഷം യു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്പീക്കർ ആയിരത്തിയാറിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗം കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആയിരത്തി പട്ടാഭി സീതാരാമയോട് പരാജയപ്പെട്ടു ആയിരത്തി നാസിക് സമ്മേളനത്തിൽ അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി അംഗമായി ആയിരത്തിയാറിൽ രാജ്യസഭാംഗമായെങ്കിലും താമസിയാതെ അനാരോഗ്യംമൂലം പൊതുജീവിതത്തിൽ നിന്ന് വിരമിച്ചു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധിയെന്നാണ് അറിയപ്പെട്ടിരുന്നത് തുടർച്ചയായി രണ്ട് പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തിയായ അദ്ദേഹം സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ ശിഷ്ടജീവിതം പാട്നയിലെ സദാഖത്ത് ആശ്രമത്തിലാണ് ചെലവിട്ടത് ഭാരതരത്നം നേടിയ ആദ്യ രാഷ്ട്രപതി ഡിസംബർ മൂന്നിന് ബീഹാറിലെ പാട്നയിൽ ജനിച്ചു സംസ്കൃത പണ്ഡിതനായിരുന്ന മഹാദേവ് സഹായി പിതാവ് അമ്മ കമലേശ്വരി ദേവി പന്ത്രണ്ടാം വയസ്സിൽ വിവാഹിതനായി നിയമജ്ഞനായ അദ്ദേഹം ചമ്പാരൻ നീലം കൃഷിക്കാരുടെ സമരം നിസ്സഹരണ സമരം ബീഹാർ ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന വേണ്ടി ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചു കോൺഗ്രസ് സമ്മേളനങ്ങളിൽ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് രാജിവച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിനൊന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി മുതൽ മെയ് പതിമൂന്ന് വരെ അദ്ദേഹം രാഷ്ട്രപതി സ്ഥാനം വഹിച്ചു മാർച്ച് നാലിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച ആദ്യ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഡ് ചംബാരൻ സത്യാഗ്രഹ കഥ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ സഖീർ ഹുസൈൻ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണമെന്ന നിലയിലും പ്രശസ്തനായിരുന്നു ഫെബ്രുവരി എട്ടിന് ഹൈദരാബാദിൽ ജനിച്ചു ബെർലിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി ഇന്ത്യയിലെത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു ഹക്കീം അജ്മൽ ഖാനുമായി ചേർന്ന് ജാമിയ മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചു അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിട്ടു് ഗാന്ധിജിയുടെ നയി താലീം എന്ന അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രചാരകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രാജ്യസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ബീഹാർ ഗവർണറായിരത്തി അറുപത്തിരണ്ടിൽ പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉർദുവിലേക്ക് തർജ്ജമ ചെയ്തു മറ്റ് പ്രധാന കൃതികൾ ക്യാപിറ്റലിസം ആൻഡ് എസ്ഐഇ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് എ ഡൈനാമിക് യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പൾസ് ഓഫ് എഡ്യൂക്കേഷണൽ റീകൺസ്ട്രക്ഷൻ എന്നിവയാണ് പ്രശസ്ത ഇന്തോളജിസ്റ്റും സംസ്കൃത പണ്ഡിതനുമായ പാണ്ഡുരംഗ് വാമനകാനെ തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത് ഇന്ത്യയെക്കുറിച്ച് പഠിക്കാനാണ് പതിറ്റാണ്ടുകൾ നീണ്ട അക്ഷരപൂജയെ പുരസ്കരിച്ചാണ് ഈ മഹാനായ അധ്യാപകന് രാഷ്ട്രം അതിന്റെ പരമോന്നത ബഹുമതി നൽകിയത് മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിൽ ഒരു ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽ മെയ് ഏഴിന് പി വി കാനെ ജനിച്ചു വിദ്യാഭ്യാസാനന്തരം ആയിരത്തി തൊള്ളായിരത്തി ഹൈസ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എൽ എൽ ബി അദ്ദേഹം വിൽസൺ കോളേജിൽ സംസ്കൃതത്തിന്റെ ഓണററി പ്രൊഫസറായി ആയിരത്തി ബോംബെ ഗവൺമെന്റ് കോളേജിൽ നിയമപ്രൊഫസറായി നിയമിതനായി പ്രശസ്തമായ ഹിസ്റ്ററി ഓഫ് ധർമ്മശാസ്ത്രം എന്ന ഗ്രന്ഥത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വാല്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി വർഷങ്ങളിൽ പുറത്തിറക്കിയിൽ പൂണെ സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് എന്ന ഓണററി ബിരുദം നൽകി മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയായ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ആ ബഹുമതിക്ക് ആദ്യമായി അർഹനായത് സമാധാനത്തിന്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ശാസ്ത്രിയുടെ ചെറിയ ശരീരത്തിലെ മനസ്സിന്റെ കരുത്തിനെ രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അംഗീകരിച്ചിരുന്നു സ്വാതന്ത്ര്യസമരസേനാനിയും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഉത്തർപ്രദേശിലെ മുഗൾ സരായിയിൽ അധ്യാപകനായ ശാരദാപ്രസാദ് ശ്രീവാസ്തവയുടെയും രാംദുലാരി ദേവിയുടെയും മകനായിരത്തി ഒക്ടോബർ രണ്ടിന് ജനിച്ചു ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പഠനം ഉപേക്ഷിച്ചു ആയിരത്തിയാറിൽ കാശി വിദ്യാപീഠത്തിൽ നിന്ന് ശാസ്ത്രി ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ യു പി നിയമസഭാംഗമായി സ്വാതന്ത്ര്യാനന്തരം യു പിയിൽ കേന്ദ്രമന്ത്രിസഭയിൽ റെയിൽവേ ട്രാൻസ്പോർട്ട് മന്ത്രി ട്രാൻസ്പോർട്ട് വ്യവസായ മന്ത്രി ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കാമരാജ് പദ്ധതി പ്രകാരം രാജിവച്ചു നെഹ്റു അസുഖബാധിതനായപ്പോൾ ശാസ്ത്രീയ വകുപ്പില്ലാമന്ത്രിയായി തിരികെ വിളിച്ചു നെഹ്റുവിന് ശേഷം ഒൻപത് മുതൽ ജനുവരി പതിനൊന്ന് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇൻഡോപാക് യുദ്ധത്തെ ധീരമായി അറുപത്തിയാറ് ജനുവരി പത്തിന് ഉസ്ബാക്കിസ്ഥാനിലെ താഷ്കന്റിൽ വച്ച് സോവിയറ്റ് പ്രധാനമന്ത്രി കൊസിജിനിന്റെ സാന്നിധ്യത്തിൽ പാകിസ്ഥാന്റെ അയൂബ്സ് ഖാനുമായി താഷ്കൻ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു ഹൃദയം ഇന്ത്യയ്ക്ക് വെളിയിൽ വച്ച് അന്തരിച്ച ഏക പ്രധാനമന്ത്രി ജയ് ജവാൻ ജയ് കിസാൻ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യമാണ് കടന്നുകയറ്റത്തെ ചെറുത്ത അതേ വികാരത്തോടും ശക്തിയോടും നാം ഇനി സമാധാനത്തിനായി പോരാടണം എന്ന് പറഞ്ഞത് ശാസ്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ അതിശക്തരായ ഭരണാധികാരികളിലൊരാളായിരുന്ന ഇന്ദിരാഗാന്ധി ഭാരത് രത്ന തേടിയ ആദ്യ വനിതയാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും ഏകപുത്രിയായി ആയിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പതിനാണ് ഇന്ദിരാഗാന്ധി അലഹബാദിലെ ആനന്ദ് ഭവനിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും അമ്പത്തി കേന്ദ്ര പാർലമെന്ററി ബോർഡ് അംഗവും കോൺഗ്രസ് പ്രസിഡന്റുമായി ആയിരത്തി ജൂണിൽ ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ശാസ്ത്രിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രി ിൽ കോൺഗ്രസ് പിളർന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാപക്ഷം വിജയിച്ച് വീണ്ടും പ്രധാനമന്ത്രിയായി ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ജനുവരിയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തി ആയിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അംഗരക്ഷകരായ ഇൻസ്പെക്ടർ ബിയാങ് സിംഗ് കോൺസ്റ്റബിൾ സദ്വന്ത് സിംഗ് എന്നിവരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു പതിനാറ് വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാങ്ക് ദേശസാൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പത്തൊൻപത് ബംഗ്ലാദേശ് മോചനയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇന്ത്യൻ സംസ്ഥാനമാക്കൾ ആയിരത്തി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ജൂൺ എന്നിവ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് നടന്നത് ആദ്യ ആണവ പരീക്ഷണം ആയിരത്തിനാല് മെയ് ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ആയിരത്തി ഏപ്രിൽ പത്തൊൻപത് ആദ്യ അന്റാർട്ടിക്ക പര്യടനം ജനുവരി ഒൻപത് രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര ഏപ്രിൽ ഏഴ് എന്നീ ശാസ്ത്ര ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു പി എ താക്കർ കമ്മീഷനാണ് വധത്തെക്കുറിച്ച് അന്വേഷിച്ചത് ശക്തിവിശ്രമം ഇന്ത്യയുടെ നാലാമത്തെ രാഷ്ട്രപതിയും സ്വാതന്ത്ര്യസമര സേനാനിയും തൊഴിലാളി നേതാവുമായിരുന്നു വി വി ഗിരി ഇന്ത്യയിലാദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തിയായ അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ പ്രസിഡന്റായത് ആയിരത്തി ഓഗസ്റ്റ് പത്തിന് ഒറീസയിലെ ഗഞ്ചാം ജില്ലയിൽ ജനിച്ചു അയർലന്റിലെ സ്വാതന്ത്ര്യ പ്രവർത്തിച്ചതിനാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നാടുകടത്തി അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ രണ്ടു പ്രാവശ്യം അതിന്റെ പ്രസിഡന്റ് അഖിലേന്ത്യാ റെയിൽവേ മെൻസ് ഫെഡറേഷൻ സ്ഥാപകൻ അനേകം തൊഴിൽ സമരങ്ങൾ സെൻട്രൽ ലെജിസ്ലേച്ചറിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുതൽ വരെ ശ്രീലങ്കയിൽ ഹൈക്കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി മുതൽ അൻപത്തിയേഴ് വരെ പാർലമെന്റ് അംഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വരെ കേന്ദ്ര തൊഴിൽ മന്ത്രി ആയിരത്തി തൊള്ളായിരത്തി ഗവർണർ ആയിരത്തിയഞ്ച് കേരള ഗവർണർ കർണാടക ഗവർണർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരത്തി മെയ് മൂന്ന് മുതൽ ജൂലൈ ഇരുപത് വരെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നീലം സജീവ് പരാജയപ്പെടുത്തി യിരത്തിനാല് ഓഗസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് ജോബ് ഫോർ മില്യൺസ് വോയിസ് ഓഫ് കോൺസേൺസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ലേബർ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി തുടങ്ങിയവ പ്രധാന കൃതികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ എന്ന് അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ കുമാരസ്വാമിയുടെയും ശിവകാമി അമ്മാളുടെയും മകനായിരത്തി ജൂലൈ പതിനഞ്ചിന് ജനിച്ചു മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ആകൃഷ്ണനായി കോൺഗ്രസിൽ ചേർന്നു ഇ രാമസ്വാമി നായികരോടൊപ്പം വൈക്കം സത്യാഗ്രഹത്തിൽ കാമരാജിന്റെ രാഷ്ട്രീയ ഗുരു എസ് സത്യമൂർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലായി ആറ് പ്രാവശ്യമായി ജീവിതത്തിൽ മൂവായിരത്തോളം ദിവസം തടവ് അനുഭവിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി കാമരാജ് പദ്ധതി ആഗസ്റ്റ് പത്തിന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗീകരിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതുവരെ കാമരാജ് ഗ്രാമ ഗ്രാമാന്തരം സഞ്ചരിച്ച് സംഘടനയെ ശക്തിപ്പെടുത്തുകൊണ്ടിരുന്നു അനാഥരുടെയും അഗതികളുടെയും പാവങ്ങളുടെയും ക്ഷേമത്തിനായി ജീവിതം ഒഴിഞ്ഞുവച്ച മഹതിയാണ് മദർ തെരേസ നിസ്വാർത്ഥസ്നേഹത്തിന്റെയും നിസ്സീമമായ കാരുണ്യത്തിന്റെയും അക്ഷയപാത്രമായിരുന്ന അവർ അഗതികളുടെ അമ്മ സെയിൻ ഓഫ് ഗട്ടേഴ്സ് എന്നീ അപരനാമങ്ങളിലും അറിയപ്പെട്ടു മാസിഡോണിയയിലെ സ്കോപ്ജയിലുള്ള ഉസ്കൂബിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് അൽബേനിയൻ ദമ്പതികളുടെ മകളായി ആഗ്നസ് എന്ന മദർ തെരേസ ജനിച്ചത് ഭാരതരത്ന നേടിയ ഇന്ത്യൻ വംശജയല്ലാത്ത ആദ്യ വ്യക്തിയാണ് മദർ തെരേസ ഇന്ത്യൻ പൌരത്വം നേടിയ ശേഷമാണ് നൊബേൽ സമ്മാനവും ഭാരതരത്നയും ലഭിച്ചത് പാവങ്ങൾക്കായി ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ച അവർ പതിനെട്ടാം വയസ്സിൽ കൊൽക്കത്തയിലെത്തി ആയിരത്തിനാലിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പലായി ആയിരത്തി അൻപതിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പോപ്പ് ജോൺ പതിമൂന്നാമിന്റെ പേരുള്ള സമാധാന സമ്മാനവും കന്നഡി പ്രൈസും ലഭിച്ചു ിൽ അന്താരാഷ്ട്ര ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് മക്സാസെ ടെമ്പിൾ ടൺ പത്മഭൂഷൺ എന്നീ അവാർഡുകളും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കേരളം സന്ദർശിച്ചു കൊൽക്കത്തയിലെ മദർ ഹൌസിൽ നിദ്രകൊള്ളുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെയും സ്നേഹിക്കുക രണ്ടായിരത്തി മൂന്നിൽ ജോൺ പോൾ മാർപാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ഗാന്ധിയൻ സ്വാതന്ത്ര്യ സമരസേനാനി ഭൂതാര പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ വിനോബ ഭാവെ ആദ്യത്തെ മക്സസെ അവാർഡ് ജേതാവ് കൂടിയാണ് അടിസ്ഥാനപരമായ മൂല്യപരിവർത്തനമാണ് വിപ്ലവമെന്ന് വിശ്വസിച്ച അദ്ദേഹം പൌനാറിലെ സന്യാസി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് മഹാരാഷ്ട്രയിലെ കൊളാബ ജില്ലയിൽ ഗഗോദ ഗ്രാമത്തിൽ ജനിച്ചു യഥാർത്ഥനാമം വിനായക നരഹരി ഭാവെ അദ്ദേഹത്തിന്റെ സന്യാസഭാവം പരിഗണിച്ച് ഗാന്ധിജിയാണ് വിനോബ ഭാവയെന്ന് പേരിട്ടത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് സബർമതി ആശ്രമത്തിലെത്തി ഗാന്ധി ശിഷ്യനായി പിന്നീട് ഗുജറാത്ത് വിദ്യാപീഠത്തിലെ അധ്യാപകനായി പതിനെട്ട് ഭാഷകളിൽ അദ്ദേഹം പ്രാവീണ്യം നേടി യിരത്തിയേഴിൽ പൌണയാർ ആശ്രമം ആരംഭിച്ചു വൻകിട ഭൂ ഉടമകളിൽ നിന്നും സംഭാവനയായി സ്വീകരിക്കുന്ന ഭൂമി ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുക എന്നതായിരുന്നു പ്രസ്ഥാന ലക്ഷ്യം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഗീതാ മാതാവ് ഭഗവത്ഗീതാ തർജ്മം ഗീതാപ്രവചനം സ്വരാജ്യശാസ്ത്രം അടിസ്ഥാന വിദ്യാഭ്യാസം സ്ഥിതിപ്രജ്ഞ ദർശനം ഉപനിഷ് വ്യാഖ്യാനങ്ങൾ അതിർത്തി ഗാന്ധി ബാദാ ഖാൻ എന്നീ പേരുകളിൽ പ്രശസ്തനായ ഖാൻ അബ്ദുൾഗാഫർ ഖാൻ ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പാകിസ്ഥാനിലെ ഉത്മാൻസൈ ഗ്രാമത്തിൽ ജനിച്ചു പഠാൻകാരനായ ഗ്രാമീണർക്ക് വിദ്യാഭ്യാസം നൽകാൻ ദാറുൽ ഉലും എന്ന സംഘടന സ്ഥാപിച്ചു ഖിത്തൂൺ എന്ന മാസിക ആരംഭിച്ചു ഖുദായ് ഖിദ് മത്ഗർ എന്ന സംഘടന സ്ഥാപിച്ചു അതിർത്തി പ്രദേശത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു ഇന്ത്യാ വിഭജന സമയത്ത് പഠാൻകാർക്ക് സ്വന്തമായി പാക്തുനിസ്ഥാൻ എന്ന അതിർത്തി സംസ്ഥാനം വേണമെന്ന് ഗാഫർഖാനും കൂട്ടരും ആവശ്യപ്പെട്ടു സ്വതന്ത്ര പാകിസ്ഥാൻ സർക്കാർ ഖാനെ ജയിലിലടച്ചു ബ്രിട്ടീഷ് ഭരണകാലത്ത് പതിനഞ്ച് വർഷവും സ്വതന്ത്ര പാകിസ്ഥാനിൽ ഇരുപത്തിയൊന്ന് വർഷവും തടവുശിക്ഷ അനുഭവിച്ചു ജനകീയ പ്രക്ഷോഭം രൂക്ഷമായപ്പോഴാണ് അദ്ദേഹം മോചിക്കപ്പെട്ടത് ഗാന്ധി ശതാബ്ദിയിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് നെഹ്റു അവാർഡ് നൽകി ജനുവരി പെഷവാറിൽ വച്ച് അന്തരിച്ചു അഫ്ഗാനിസ്ഥാനിലെ ജലാലാബാദിൽ അന്ത്യനിദ്രൻ ഭാരത് രത്ന നേടിയ ആദ്യ സിനിമാ താരമാണ് രാമചന്ദ്രൻ എം ജി ആർ എന്ന പേരിൽ തമിഴ് സിനിമയിലെ മുടിചൂടാമണ്ണനായി അംഗീകാരം നേടിയ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ സിനിമാ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജനുവരി ശ്രീലങ്കയിലെ കാണ്ടിയിൽ ജനിച്ചു മരദൂർ ഗോപാലമേനോൻ സത്യഭാമ എന്നിവരാണ് മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ട് ആദ്യമായി നായകവേഷം ചെയ്തത് രാജകുമാരിയിലാണ് റിക്ഷാകാരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു ിൽ അണ്ണാദുരയുടെ അനുയായിയായി ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എം ജി ആർ സജീവരാഷ്ട്രീയത്തിലെത്തിയ നിയമസഭാംഗമായി അണ്ണായുടെ മരണശേഷം കരുണാനിധിയുമായുള്ള അഭിപ്രായ വ്യത്യാസം മൂലം എം ജി ആർ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ എന്ന പുതിയ പാർട്ടി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഐ എഡിഎംകെ വൻ ഭൂരിപക്ഷം നേടുകയും എം തമിഴ്നാട് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തുടർന്ന് മരണം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ സാമൂഹിക പ്രവർത്തകൻ എഴുത്തുകാരൻ രാഷ്ട്രീയ നേതാവ് വിദ്യാഭ്യാസ ചിന്തകൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ ശോഭിച്ച വ്യക്തിയാണ് ഏപ്രിൽ പതിനാലിന് മഹാരാഷ്ട്രയിലെ അമ്പാട് ഗ്രാമത്തിൽ ജനിച്ചു ബറോഡ സർക്കാരിന്റെ സ്കോളർഷിപ്പോടെ അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിഹാം കോളേജിൽ ധനശാസ്ത്രം പ്രൊഫസറായി മൂക്കനായക് എന്ന മറാത്തി ദ്വയവാരിക ആരംഭിച്ച് അധസ്ഥിതർക്കു വേണ്ടി വാദിച്ചു ആയിരത്തിനാലിൽ ബഹിഷ്കൃതകാരി പിരിച്ചുവിട്ടു ഡിപ്രസ്ഡ് ക്ലാസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചു ോംബെ നിയമസഭാംഗമായിരത്തിയഞ്ചിൽ പ്രൊഫസർ ഓഫ് ജൂറിസ് പ്രുഡൻസ് പദവി നേടി അധസ്ഥിതരെ പ്രതിനിധാനം ചെയ്ത് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഇന്ത്യൻ ലേബർ പാർട്ടിയും പട്ടികജാതി ഫെഡറേഷനും ജനകീയ വിദ്യാഭ്യാസ സൊസൈറ്റിയും സ്ഥാപിച്ചു വൈസ് റോയിയുടെ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗമായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നെഹ്റു മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരത്തി ഒന്നിൽ രാജിവെച്ചു ഭാരതരത്ന കിട്ടിയവരിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വേളയിൽ പൌരത്വമുള്ള ആദ്യ വ്യക്തിയാണ് മാഡിബ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നെൽസൺ മണ്ടേല വർണ്ണവിവേചന നയത്തിനെതിരായുള്ള പോരാട്ടത്തിൽ സുദീർഘമായ വർഷമാണ് മണ്ടേല തടവുശിക്ഷ അനുഭവിച്ചത് ജയിൽമോചിതനായ മണ്ടേലയെ ഒരു ഇതിഹാസ ലോകം വരവേറ്റു ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യസമര ദേശീയ നേതാവുമായ മണ്ടേല ആയിരത്തി ജൂലൈ പതിനെട്ടിന് ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കെയിൽ ജനിച്ചു ആയിരത്തിരണ്ടിൽ എ എൻ സിയുടെ കുപ്രസിദ്ധമായ റോബൻ ദീപ് ജയിലിലാണ് മണ്ഡേലയെ പാർപ്പിച്ചത് രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് മണ്ടേല ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരനായ പ്രസിഡന്റായിരത്തി മെയ് പത്ത് മുതൽ ജൂൺ വരെ അദ്ദേഹം പദവിയിൽ തുടർന്നു മൂന്നിൽ മണ്ടേലയും എഫ്ഡബ്ല്യു ഡി ക്ലർക്കും സമാധാന നോബൽ പങ്കിട്ടുള്ളത്തിൽ നെഹ്റു അവാർഡ് നൽകി അദ്ദേഹത്തെ ഭാരതം ആദരിച്ചിരുന്നു എന്നിവ മണ്ഡലയുടെ പ്രശസ്ത കൃതികളാണ് രാജീവ് ഗാന്ധി ഭാരതരത്ന ലഭിച്ചവരിൽ ഏറ്റവും കുറച്ചുകാലം ജീവിച്ചിരുന്ന വ്യക്തിയാണ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെയും ഫിറോസ് ഗാന്ധിയുടെയും പുത്രനായി മുംബൈയിൽ ജനിച്ചു ഡെറാഡൂൺ കേംബ്രിഡ്ജ് ലണ്ടൻ എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം മെയ് വരെ ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റ് അമേഠി മണ്ഡലത്തിൽ നിന്ന് ലോക്സഭാ ഇന്ദിരാഗാന്ധി ഒക്ടോബർ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ആ സ്ഥാനത്തെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് തമിഴ്നാട്ടിലെ ശ്രീ വെച്ച് തമിഴ് പുലികൾ ആസൂത്രണം ചെയ്ത ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധിയുടെ വധത്തിന് കാരണമായ സുരക്ഷാ പാളിച്ചകളെക്കുറിച്ച് അന്വേഷിച്ചത് ജെയിൻ കമ്മീഷനാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവനാ ദിനമായും ചരമദിനം ഭീകരവിരുദ്ധ ദിനമായും ആചരിക്കുന്നു സർദാർ വല്ലഭായി പട്ടേൽ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയെന്നതിലുപരി സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ആഭ്യന്തരമന്ത്രി ആയിരുന്നു സർദാർ വല്ലഭായി പട്ടേൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഉരുക്കു ഇന്ത്യൻ ഡിസ്മാർക്ക് എന്നീ അപരനാമങ്ങൾ അറിയപ്പെടുന്നു ഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഗുജറാത്തിലെ നാദിയ ജില്ലയിൽ സമ്പന്നമായ ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ചു ഝാൻസി റാണിയുടെ സൈനികനായിരുന്ന ജബേദാർ ഭായി പിതാവ് ഗാന്ധിയൻ തത്വങ്ങളിൽ ആകൃഷ്ടനായി ആയിരത്തി തൊള്ളായിരത്തി ഗുജറാത്തിലെ കൈരാ കർഷക സത്യാഗ്രഹം നയിച്ചു വർദ്ധിപ്പിച്ച ഭൂനികുതിക്കെതിരെ ബർദോളി ജില്ലയിലെ കർഷകർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫിബ്രുവരി പന്ത്രണ്ടിന് ആരംഭിച്ച സമരത്തിന് നേതൃത്വം നൽകി ഇതുമൂലമാണ് ഗാന്ധിജി സർദാർ എന്ന സ്ഥാനപേര് നൽകിയത് കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ പലതവണ ജയിൽവാസമനുഷ്ഠിച്ചു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പട്ടേലിന്റെ വലം പ്രവർത്തിച്ച മലയാളിയാണ് വി മേനോൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൌലികാവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾ ട്രൈബൽ പ്രദേശങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഉപദേശക സമിതിയുടെ അധ്യക്ഷനായിരുന്നു എനിക്ക് ഒരു കൾച്ചറെ അറിയാവൂ അത് അഗ്രികൾച്ചറാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണിത് ഡിസംബർ മുംബൈയിൽ ഇന്ത്യയിലെ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാരിന്റെ തലവൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായിയാണ് ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനമന്ത്രി ഗുജറാത്തിലെ ബുൽസാർ ജില്ലയിലെ ഭതേനി ഗ്രാമത്തിൽ രൂപവത്കരിച്ച ജനതാപാർട്ടിയുടെ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തിനാലിന് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ഉത്തർപ്രദേശിന് പുറത്തുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നയും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായി നിഷാൻ ഇ പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ അന്തരിച്ചു അന്ത്യവിശ്രമം അഹമ്മദാബാദിലെ അഭയ് ഘട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയെന്ന നിലയിലും ഭരണകർത്താവായും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജ്വലിച്ചുനിന്ന വ്യക്തിത്വത്തിനുടമയാണ് മൌലാന അബുൾ കലാം ആസാദ് സ്വതന്ത്ര ഭാരതത്തിലെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ശ്രമഫലമായി രൂപം കൊണ്ടവെയാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനും കേന്ദ്ര സാഹിത്യ അക്കാദമിയും ആയിരത്തി ജൂണിൽ അദ്ദേഹം അൽ ഹിലാൽ എന്ന ഉർദു വാരിക ആരംഭിച്ചു ആസാദ് എന്ന തൂലിക നാമവും സ്വീകരിച്ചു ിൽ രാംഘട്ട സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ അദ്ദേഹം ഫെബ്രുവരി അന്തരീക്ഷം വരെ പദവിയിൽ തുടർന്നു അദ്ദേഹത്തിന്റെ രണ്ട് ഭൂഖണ്ഡങ്ങളുടെ സന്ധതിയാണ് ജഹാംഗീർ രത്തൻജി ദാദാഭായ് ടാറ്റർ ഡി ടാറ്റിൽ പാരീസിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ഇന്ത്യൻ സിവിൽ വ്യോമയാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി എയർവൈസ് മാർഷൽ പദവി ലഭിച്ചിട്ടു യിരത്തിയെട്ടിൽ യു എൻ അസംബ്ലിയിൽ ഇന്ത്യൻ പ്രതിനിധിയായി ഫ്രാൻസിന്റെ ഓഫീസർ ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചിട്ടു ജനീവയിൽ അന്തരിച്ചു ഇന്ത്യൻ സിനിമയെ ലോകനിലവാരത്തിലേക്ക് ഉയർത്തിയ പ്രതിഭാധനനാണ് സത്യജിത്രേ ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വ്യക്തിഗത ബഹുമതികളായ പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഭാരത് രത്ന എന്നിവ ലഭിച്ച ആദ്യത്തെ ആളാണ് സത്യജിത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും തൊണ്ണൂറ്റി ഓണററി ഓസ്കാറും അദ്ദേഹത്തിന് ലഭിച്ചു ഫാൽകെ അവാർഡും ഭാരത് നേടിയ ആദ്യ വ്യക്തിയാണ് റെയിൽ മെയ് രണ്ടിന് കൊൽക്കത്തയിൽ ജനിച്ചു ധനതത്വ ബിരുദം നേടി ഡോക്ടർ എ പി ജെ അബ്ദുൽകലാം ഡോ എ പി ജെ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് തമിഴ്നാട്ടിലെ രാമേശ്വരം ജില്ലയിലെ ധനുഷ്കോടിയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് പത്തൊമ്പത് വർഷം അവിടെ സേവനമനുഷ്ഠിച്ച ശേഷം ഡിആർഡിഒയിൽ ഡയറക്ടറായി മടങ്ങിയെത്തിൽ പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായി പിന്നീട് ഭാരത സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി ആയിരത്തി മെയ് മാസത്തിൽ നടന്ന ആണവ ചുക്കാൻ പിടിച്ചു രണ്ടായിരത്തി രണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലക്ഷ്മി തോൽപ്പിച്ച് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായി ഇന്ത്യയുടെ മിസൈൽ പ്രോഗ്രാമിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ പൂർണ്ണനാമം അബുൾ പക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം എന്നാണ് വിംഗ്സ് ഓഫ് ഫയർ ആണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഭാരരത്ന ലഭിച്ച വ്യക്തിയാണ് ഗുൽസാരിലാൽ നന്ദ അദ്ദേഹം രണ്ട് പ്രാവശ്യം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടു ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു നന്ദ ആയിരത്തി ജൂലൈ നാലിന് സിയാൽകോട്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷന്റെ സെക്രട്ടറിയായി തടവ് ശിക്ഷ അനുഭവിച്ചു ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർ തൊഴിൽ മന്ത്രി ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തരം പ്ലാനിംഗ് റെയിൽവേ വകുപ്പുകളുടെ ചുമതല വഹിച്ച് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ധവളപത്രം ഇറക്കിയത് വിവാദമായി നെഹ്റുവിനുശേഷം മുതൽ ജൂൺ ഒൻപത് വരെയും ശാസ്ത്രയ്ക്ക് ശേഷം ആയിരത്തി മുതൽ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വനിതാ നേതാക്കളിൽ പ്രാതസ്മരണീയമായ നാമങ്ങളിലൊന്നാണ് അരുണ ആസഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായികയെന്നറിയപ്പെടുന്ന അവരാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ആയിരത്തി ഒൻപത് ജൂലൈ ആറിന് സിംലയിലെ ബംഗാളി കുടുംബത്തിൽ ജനിച്ചു ആയിരത്തിൽ അവർ ദാട്രേറ്റ് എന്ന പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി സമാധാനത്തിനുള്ള ലെനിൻ അവാർഡ് കിട്ടി പത്മവിഭൂഷൺ അന്താരാഷ്ട്ര ധാരണയ്ക്കുള്ള നെഹ്റു അവാർഡ് എന്നിവയും ഇന്ത്യയുടെ സംഗീത റാണിയാണ് എം എസ് സുബലക്ഷ്മി ഭാരതരത്ന ലഭിച്ച ആദ്യ സംഗീത പ്രതിഭയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സെപ്റ്റംബർ മധുരയിൽ ജനിച്ചു ഞ്ചിൽ സദാശിവം സംവിധാനം ചെയ്ത ഭക്തമീരയിൽ മീരയുടെ വേഷം അനുശ്വരമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഐക്യരാഷ്ട്ര ദിനത്തിന് ഐക്യരാഷ്ട്രസഭ പൊതുവേദി മുൻപാകെ പാടി പത്മഭൂഷൺ മക്സസെ അവാർഡ് പത്മവിഭൂഷൺ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം അവാർഡ് ഇന്ദിരാഗാന്ധി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ലതാ മങ്കേഷ്കർ സ്വർലക്ഷ്മി എന്ന് വിളിച്ചു വാനംപാടി എന്ന എന്റെ ബഹുമതി ഞാൻ ഇവർക്ക് നൽകുന്നു എന്നാണ് സരോജിനി നായിഡു പറഞ്ഞത് ചെന്നൈയിൽ വെച്ച് ആ നാദം നിലച്ചു കാർഷികോല്പാദന രംഗത്ത് ഒരു വൻകുതിച്ചുചാട്ടത്തിന് രാജ്യത്തെ പ്രാപ്തമാക്കിയ ഹരിതവിപ്ലവത്തിന്റെ സൂത്രധാരന്മാരിലൊരാളാണ് ചിദംബരം സുബ്രഹ്മണ്യം ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായി വ്യത്യസ്ത കാലയളവിൽ അദ്ദേഹം ഭാരതീയ വിദ്യാപീഠത്തിന്റെയും രാമകൃഷ്ണ മിഷന്റെയും അധ്യക്ഷനായിട്ടു ഇന്ത്യയിലെ ഏത് അധികാരസ്ഥാനവും സ്വന്തമാക്കാമായിരുന്നുവെങ്കിലും എന്നും അതിൽ നിന്നും അകന്നുനിന്ന ആദർശവാനാണ് ജെ എന്ന ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒക്ടോബർ ബീഹാറിലെ ഗംഗാ തീരത്തുള്ള ഗ്രാമത്തിൽ ജനിച്ചു ിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപവൽക്കരിച്ചു സ്വാതന്ത്ര്യാനന്തരം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചു മാർച്ചിൽ ഡൽഹിയിൽ നിന്ന് പീക്കിംഗിലേക്ക് ശാന്തിയാത്ര നയിച്ചു ലോക് നായക് എന്നറിയപ്പെടുന്ന അദ്ദേഹം സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു വൈ സോഷ്യലിസം ഉൾപ്പെടെ സോഷ്യലിസത്തെക്കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചു പ്രിസന്റയറിയാണ് മറ്റൊരു പ്രധാന കൃതി യിരത്തിയഞ്ചിൽ പൊതുസേവനത്തിനുള്ള മക്സസെ അവാർഡ് ലഭിച്ചു എട്ടിന് അന്തരിച്ചു അമർത്യാസൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് അമർത്യാസെൻ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറാണ് സെന്റിന് ആ പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തിൽ ശാന്തി നികേതനിലായിരുന്നു അമർത്തിയയുടെ ജനനം യിരത്തിയൊന്ന് മുതൽ വരെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും പ്രൊഫസറായി പിന്നീട് ഓക്സ്ഫോർഡിലെ നഫീൽഡ് കോളേജിലും ഹാർവാർഡ് ബിസിനസ് സ്കൂളിലും പ്രൊഫസർ സ്ഥാനം വഹിച്ചു ജനുവരിയിൽ അദ്ദേഹം ട്രിനിറ്റിയിൽ മാസ്റ്റർ സ്ഥാനത്തെത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു ഭാരതരത്ന നേടിയ രവിശങ്കർ ഈ ബഹുമതി ലഭിച്ച ആദ്യ ഉപകരണ സംഗീത വിദ്വാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിന് ജനിച്ചു മുംബൈയിലും യു കിന്നര എന്ന സംഗീത സ്ഥാപിച്ചു മുഹമ്മദ് ഇക്ബാലിന്റെ സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനത്തിന് സംഗീതം പകർന്നു ഇന്ത്യയെ കണ്ടെത്തൽ അമരഭാരതം എന്നീ ബാലകൾ രചിച്ചു മൈ മ്യൂസിക് മൈ ലൈഫ് ആത്മകഥയായ രാഗമാല എന്നിവ പ്രശസ്ത കൃതികളാണ് ആയിരത്തിയാറിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു പതിനാല് ഡോക്ടറേറ്റുകൾ പത്മവിഭൂഷൺ ദേശികോത്തമ അവാർഡ് മക്സസെ അവാർഡ് ഗ്രാമി അവാർഡ് പോളാർ പ്രൈസ് കുക്കുക്ക അവാർഡ് എന്നിവ ലഭിച്ചു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ പ്രസിഡന്റിന്റെ അവാർഡ് നേടി രണ്ടായിരത്തി ഒന്നിൽ എലിസബത്ത് രാജ്ഞി ഹോണററി നൽകി ഫ്രാൻസിന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയും ലഭിച്ചു കാലിഫോർണിയയിലെ എൻസിനിറ്റാസിലാണ് ഇപ്പോൾ താമസം ാസ് വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നും ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് ലോകപ്രിയോപിനാഥ് ബോർഡോലോയ് അദ്ദേഹമാണ് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ആസാമിനെ പാകിസ്ഥാനിൽ ചേർക്കാനുള്ള ശ്രമത്തെ ശക്തമായി ചെറുത്തുതോൽപ്പിച്ചത് അസമിൽ മതമൈത്രിയും ജനാധിപത്യവും സുസ്ഥിരതയും പ്രദാനം ചെയ്യാൻ തന്റെ നേതൃത്വപാഠവും അദ്ദേഹം ഫലപ്രദമായി വിനിയോഗിച്ചു ഷഹനായിയിലൂടെ സംഗീതാസ്വാദകരുടെ മനം കവർന്ന വിശ്വത സംഗീതജ്ഞനാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ മാർച്ച് പതിനാറിന് ബീഹാറിലെ ദുംറവോണിൽ ഷഹനായി വാതകരുടെ പ്രശസ്തമായ ഒരു കുടുംബത്തിലാണ് ബിസ്മില്ലാ ഖാൻ ജനിച്ചത് ഖാൻ സാഹിബ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഇന്ത്യയ്ക്ക് വെളിയിലും യൂറോപ്പിലും അമേരിക്കയിലും പരിപാടികൾ അവതരിപ്പിച്ചിട്ടു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഗിനസ്ബുക്കിൽ സ്ഥാനം പിടിച്ച ലതാ മങ്കേഷ്കർക്ക് ഫാൽക്കേ അവാർഡും ഭാരതരത്നവും നേടിയ ഏകവനിതയെന്ന വിശേഷണവും സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇൻഡോറിൽ ജനിച്ചു പതിമൂന്നാം വയസ്സിൽ ഒരു മറാത്തി ചിത്രത്തിന് പിന്നണി ഗാനം പാടിക്കൊണ്ട് സിനിമാ വന്നു ஆனந்த் என் பரிதசம்விதானம் நெல் மலையாள மலையாளச்சித் துவண்டி பாடி